അള്ളാഹു സുബഹാനഹുവ ചായാല തന്റെ ഔദാര്യത്തിൽ നിന്നവർക്ക് നൽകിയതിൽ അവർ സന്തോഷിക്കുന്നു അവർക്ക് പിന്നാലെ വരാത്തവരെക്കുറിച്ച് അവർ സന്തോഷ വാർത്ത അറിയിക്കുന്നു അവർക്ക് യാതൊരു ഭയവുമില്ലെന്നും അവർ ദുഃഖിക്കുകയുമില്ലെന്നും